രണ്ടെ വാക്കിന്റെ അർത്ഥം സന്യാസം എന്ന് വെച്ചാൽ ഉപേക്ഷിക്ക വിട്ടുപോവുക യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുക ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയണത് കൂടിച്ചേരൽ എന്ന് നമ്മൾ എന്തിനെ പറയുന്നു അത് തന്നെയാണ് എന്നാണ് യം സന്യാസം ഇതി യോഗം തം വിദ്ധി പാണ്ഡവ ഹേ പാണ്ഡവ അത് തന്നെയാണ് യോഗം അസന്യസ്ത സങ്കൽപ്പ യോഗീഭവതി കർഷന സങ്കല്പത്തിനെ മുഴുവൻ സന്യസിക്കാത്തവൻ ഉപേക്ഷിക്കാത്തവൻ യോഗിയായിത്തീരില്ലയാണ് അപ്പൊ യോഗിയാവണമെങ്കിൽ എന്തുവേണം സങ്കല്പ സന്യാസം ഉണ്ടാവണം എന്നാണ് രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഞാൻ ദിവസം രാത്രി ഉറങ്ങും ഉറങ്ങാൻ പോകുമ്പോ ഉറങ്ങുന്ന സമയത്ത് ധാരാളം സ്വപ്നം കാണുന്നൊരു സ്വഭാവ എനിക്ക് ഈ സ്വപ്നം കാണാതിരിക്കാൻ എന്തുവേ എന്താ വഴി എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഉറങ്ങുമ്പോ സ്വപ്നം കാണലിരിക്കട്ടെ ഉണർന്നിരിക്കുമ്പോ നീ സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണലേ ആണ് ഈ ജാഗ്രത്തിൽ ധാരാളം സ്വപ്നം കാണുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണോ സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണർന്നിരിക്കുമ്പോ ഈ സ്വപ്നം കാണൽ ആദ്യം നിർത്തുക എന്നാണ് ഉം നമ്മളിങ്ങനെ ഒരു സ്വപ്നം നടക്കണുണ്ടാവും അല്ലെ ഉള്ളില് ഒരു സ്വപ്ന ലോകം ആ മനസ്സിന്റെ സ്വഭാവം തന്നെ സ്വപ്നം കാണലാണ് ആ സ്വപ്നം കാണാൻ നിർത്തിയാൽ ആ അവസ്ഥക്ക് പേര് യോഗം നമുക്ക് ഓരോ ചിത്തവൃത്തികൾ പൊന്തുമ്പോഴും ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളുടെ സൈക്കിക് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് ഊർജം ഈ സങ്കല്പത്തിനെ അടക്കിയാലും നഷ്ടപ്പെടും സങ്കല്പത്തിനെ പുറമേക്ക് തുപ്പിയാലും നഷ്ടപ്പെടും എന്നുവെച്ചാൽ ദേഷ്യം വരുന്നു അതൊരു സങ്കല്പമാണ് കോപം എന്ന് പറയുന്നത് സങ്കല്പമാണ് ഞാൻ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധരിച്ചത് കൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ഒരു വികാരമാണ് കോപം ആ സങ്കല്പം കൊണ്ട് എനിക്ക് എന്തു ചെയ്യാം ഒന്നില് നിങ്ങളെ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ അതിനെ ഉള്ളിൽ അടക്കാം അല്ലേ ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും കോപം വരണമെങ്കിൽ അയാൾ എന്നെക്കാളും അല്പം ബലമുള്ള ആളാണെങ്കിൽ അടക്കും എന്നെക്കാളും ബലം കുറഞ്ഞ ആളാണെങ്കിൽ പുറമേക്ക് വിടും ചീത്ത കുറയും അല്ലെങ്കിൽ അയാളെ അടിക്കും രണ്ടായാലും ദൂഷ്യം എന്താ കോപം പുറമേക്ക് വിട്ടാൽ അയാളെ ബാധിക്കും പിന്നെ എന്റെ ഉള്ളിലുള്ള ഈ സൈക്കിക് എനർജി ചിത്രവൃത്തികളുടെ ഊർജം മാനസികമായ ഊർജം പുറമേക്ക് പോയി ഉള്ളിൽ അടക്കി വെച്ചാലോ ഞരമ്പുകളൊക്കെ തളരും ഇത് രണ്ടും ഒരു വഴിയാണ് ഭഗവാനിവിടെ യോഗം എന്ന് പറയുന്നത് സങ്കല്പ സന്യാസം എന്നതിന് പറഞ്ഞു സങ്കല്പത്തിനെ നമ്മളുടെ സ്വരൂപത്തിലെ അടക്കലാണ് സങ്കല്പ സന്യാസം സങ്കല്പത്തിനെ ഉദിക്കാൻ അനുവദിക്കരുത് ഉദിക്കാനേ അനുവദിക്കാത്ത സ്ഥിതി അതെങ്ങനെ സാധ്യമാവും അതിനൊരു എളുപ്പ വഴിയാണ് നമ്മൾ ആരംഭ വഴി എന്താ ഒരു നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് അവിടെ ഇരിക്കട്ടെ ആദ്യത്തെ ഒരു പടി നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരം ആത്മധ്യാനം ഒന്നും ചെയ്യാൻ നമുക്കിപ്പോൾ സാധ്യമല്ലെങ്കിൽ ആദ്യത്തെ പടി എന്താ ഉറക്കെ ഒരു നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക പതുക്കെ പതുക്കെ മനസ്സിനെ ജപിക്കാൻ പഠിപ്പിക്കുന്നു നമ്മൾ അപ്പൊ എന്താ അനേക വിചാരങ്ങളായിട്ട് പിരിഞ്ഞ് അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ഏതെങ്കിലും ഒരു വിചാരത്തില് ഒരു ജപത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു രൂപത്തില് അങ്ങനെ നിന്ന് പരിശീലിക്കും അപ്പോ അതിങ്ങനെ ആന തുമ്പിക്കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാതിരിക്കാനായിട്ട് കയ്യില് തുമ്പിക്കൈയിൽ എന്തെങ്കിലും പിടിക്കാൻ കൊടുക്കണ പോലെ മനസ്സിനെ ഏതെങ്കിലും ഒരു നാമത്തിലോ രൂപത്തിലോ നിർത്തിക്കൊണ്ടിരുന്നാൽ അതിലിങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും അത് സന്യാ അത് യോഗമാണെന്നാണ് ഇ ചിത്തവൃത്തികളെ കുറയ്ക്ക ഉം ചിത്തവൃത്തികളെ കുറച്ചു കൊണ്ടുവരുന്നത് തന്നെ യോഗം യോഗ ചിത്തവൃത്തി നിരോധാണ് ചിത്തവൃത്തികൾ കുറയും തോറും നമുക്ക് കാണാൻ നമുക്ക് ഉത്സാഹം കൂടിക്കൂടിക്കൂടി വരും വിചാരങ്ങൾ കുറയുംതോറും ശാന്തി കൂടിക്കൂടി വരും ഈ ശാന്തിയുടെ രസം നമ്മൾ അനുഭവിച്ചാൽ പിന്നെ നമുക്ക് ഈ സിനിമ കാണല് അല്ലെങ്കിൽ പുറമേക്ക് പോയിട്ട് ആളുകളോട് വർത്തമാനം പറഞ്ഞ് രസിക്കല് ഇതൊക്കെ തന്നെ ക്ഷീണമായിട്ട് തോന്നും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിലൊക്കെ എത്രയധികം എനർജി നഷ്ടപ്പെട്ടു പോകണമെന്ന് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടിരിക്കണം നമ്മൾക്ക് അത് യോഗസ്ഥിതി നാമം ജപിക്കുന്നതും സത്സംഗത്തിൽ വന്നിരിക്കണതും ഇപ്പൊ നിങ്ങൾ സത്സംഗത്തിൽ ഇരിക്കണോ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല മനസ്സിലാക്കുന്നതൊക്കെ പുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കാം സത്സംഗത്തിലിരിക്കണത് എന്തെങ്കിലും അറിയാനോ പഠിക്കാനോ ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല കുറച്ചുനേരം ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരിക്കാം ഒരു അഞ്ചു മിനിറ്റ് സാധിച്ചാൽ പോലും വലിയ കാര്യമായി ചിത്തവൃത്തികൾ ഉദിക്കാത്ത സ്ഥിതി യോഗസ്ഥിതിയാണ് ചിത്തവൃത്തികൾ ഉദിക്കുന്നുമില്ല ഉറങ്ങുന്നുമില്ല ചിലപ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണെന്നൊക്കെ വിചാരിക്കും ഉറങ്ങിയിട്ടുണ്ടാവും അതല്ല ഉദ്ദേശിച്ചത് ചിത്തവൃത്തികൾ ഉദിക്കാത്ത സ്ഥിതി സങ്കല്പങ്ങൾ ഉദിക്കാത്ത സങ്കല്പം എന്ന് വെച്ചാൽ ചിത്തവൃത്തി തന്നെ ഉദിക്കാത്ത സ്ഥിതി യോഗം ആ സ്ഥിതി നേടാത്ത ആളെ സന്യാസി എന്ന് പറയാൻ പറ്റില്ല സന്യാസികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ സന്യാസി ആരാ സന്യാസി നമുക്ക് കണ്ടുപിടിക്കാൻ യന്ത്രമൊന്നുമില്ല അസന്യസ്ത സങ്കൽപോ യോഗ സങ്കല്പത്തിനെ ത്യാഗം ചെയ്യാത്തവൻ ഒരിക്കലും യോഗിയാവില്ല സങ്കല്പത്തിനെ ഉപേക്ഷിക്കുന്നത് സന്യാസം സങ്കല്പം ഉപേക്ഷിച്ചാൽ നിശ്ചലമായ ആത്മാവിനോട് ചേരുന്നത് യോഗം അപ്പൊ എം സന്യാസം ഇതി പ്രാഹു യോഗം തം വി പാണ്ഡവ ഹേ പാണ്ഡവ സന്യാസി തന്നെ യോഗി യോഗി തന്നെ സന്യാസി ആത്മാവിനെ കണ്ടെത്തിയവൻ തന്നെ സന്യാസി തന്നെ താൻ അറിഞ്ഞവൻ തന്നെ സന്യാസി ആത്മസാക്ഷാത്കാരം നേടിയവൻ തന്നെയാണ് സന്യാസി ജ്ഞാനം സന്യാസ ലക്ഷണം സന്യാസത്തിന്റെ ലക്ഷണം തന്നെ ജ്ഞാനമാണ് സ്വരൂപജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം അത് യോഗം അല്ലാതെ യോഗം എന്ന് വെച്ചാൽ ശീർഷാസനമോ ഉം പലവിധ ആസനങ്ങളുണ്ടല്ലോ അതൊക്കെ ഹഠയോഗം അതല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്ന യോഗം ഭഗവാൻ ഉദ്ദേശിക്കുന്ന യോഗം ചിത്തവൃത്തി നിരോധരൂപമായിട്ടുള്ള യോഗമാണ് നമ്മളുടെ ഒക്കെ സ്വരൂപദർശന രൂപത്തിലുള്ള യോഗമാണ് നമ്മളെ നാം കണ്ടെത്തുന്നതാണ് യോഗം അപ്പൊ ആ യോഗം നമുക്ക് പൂർണ്ണ തൃപ്തിയെ തരുന്നു ശാന്തിയെ തരുന്നു നിശ്ചലമായ സ്വരൂപദർശനത്തിനെ തരുന്നു അപ്പൊ ഈ യോഗത്തിലേക്ക് എങ്ങനെ മുന്നോട്ടു പോകാം നാളെ മുതൽ രാവിലെ ഒരു ആസനമൊക്കെ ഇട്ടിരുന്ന് ശ്വാസവും അടക്കി പിടിച്ച് ഞാൻ അങ്ങോട്ട് ശ്രമിക്കട്ടെയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പക്വത ഉണ്ടെങ്കിൽ ശ്രമിക്കാം രമണ മഹർഷി ഒരു ഭക്തനെ ചുമ്മാ ഇരു എന്ന് ഉപദേശിച്ചു ഉണ്ടാതിരിക്കും അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്ന വേറെ ഒരാള് വന്ന് ചോദിച്ചു സ്വാമി നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനായിട്ട് പറഞ്ഞുവല്ലോ ഞാൻ അങ്ങനെ ഇരിക്കട്ടെയോ എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞ ഉത്തരം ഇരുന്ന് നോക്കൂ ഇരിക്കാൻ പറ്റുമോ നോക്കൂ കുറച്ചു നേരം ഇരുന്നാൽ കാണാം സാധ്യമല്ല ഉള്ളെന്ന് എന്തോ തള്ളുന്നു എന്തോ ഉള്ളെന്ന് നമ്മളെ ഫലമായിട്ട് പിടിച്ച് പ്രവൃത്തിയിലേക്ക് തള്ളുന്നതായിട്ടും അല്ലെങ്കിൽ ചിത്തവൃത്തികൾ പൊന്തിച്ചുകൊണ്ടുവരുന്നതായിട്ടും കാണാം ഇതിനെയാണ് നമ്മൾ കർമ്മവാസന എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള വാസന കർമ്മവാസന എന്താണെന്ന് കാണണമെങ്കിൽ അരമണിക്കൂർ ഞാൻ മിണ്ടാതിരിക്കും എന്ന് തീരുമാനിച്ചാൽ മതി നമ്മളുടെ കാണാം കുറച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെയാക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കും അല്ലെങ്കിൽ മാനസികമായി ഒരു ട്രിപ്പ് പുറപ്പെടും എവിടെങ്കിലും ഒക്കെ പോയിട്ട് വരും ആളുകള് എന്നിട്ട് ധ്യാനിക്കുകയാണെന്ന് പറയും ഒരാള് രമണ മഹർഷിയുടെ ശിഷ്യനായ രാമകൃഷ്ണ സ്വാമി എന്ന് പറയുന്ന ഒരു മലയാളി അദ്ദേഹം മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ കയറിയിരുന്ന് രണ്ടു മൂന്ന് മണിക്കൂർ ധ്യാനിച്ചു ധ്യാനിച്ചു വന്നിട്ട് ചുവട്ടില് വന്ന ആശ്രമത്തിൽ വന്ന് ഭക്തന്മാരോടൊക്കെ പറഞ്ഞു എനിക്ക് ധ്യാനിക്കുമ്പോ എനിക്ക് സമാധി അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഭക്തന്മാര് അടുത്തുള്ള ഒരു കഥയോ എന്തായി സമാധിയിൽ ഉണ്ടായത് സമാധിയില് ഞാൻ ചിദംബരത്തിലേക്ക് പോയി കുംഭകോണത്തിലേക്ക് പോയി ഹരിദ്വാരത്തിലേക്ക് പോയി എന്തൊക്കെയോ ദർശനങ്ങൾ ഈ ആശ്ചര്യത്തോടെ ഇയാളത് മഹർഷിയോട് ചെന്ന് പറഞ്ഞപ്പോ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതെ നല്ല സമാധി കുംഭകോണത്തിലേക്ക് പോയി എത്ര ഇതാണോ സന്യാസി ഇത് വെറും ഭാവന മനസ്സിനെ ഒരു ചിത്തവൃത്തികളും ഉദിക്കാത്ത സ്ഥിതി ആണ് സമാധി വികല്പങ്ങളില്ലാത്ത സ്വരൂപസ്ഥിതിയാണ് സമാധി സമാധിയിൽ ഒരേ അനുഭവമേ ഉള്ളൂ ഞാൻ ഞാൻ എന്നുള്ള ആ ഉണർവ് അത് ശുദ്ധ ചിത്തായിട്ട് സച്ചിദാനന്ദമായിട്ട് പ്രകാശിക്കണം അവിടെ ശരീരമോ മനസ്സില് വികല്പങ്ങളോ ഒന്നും അതിനെ സ്പർശിക്കാതെ ഒരു അഗ്നി പോലെ അത് നമ്മളുടെ കേന്ദ്രസ്ഥാനത്ത് ഹൃദയസ്ഥാനത്ത് ജ്വലിക്കുന്നു ആ അനുഭവത്തിനെയാണ് യോഗികൾ അഥവാ ജ്ഞാനികൾ സമാധി എന്ന് പറയുന്നത് യോഗം എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഒക്കെ കാണുകയോ ദർശിക്കുകയോ ഒന്നുമല്ല ആ ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രവൃത്തി എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കാം പക്ഷേ ആ സ്ഥിതി അത്ര പെട്ടെന്നൊന്നും സാധ്യമല്ല പതുക്കെ പതുക്കെ പതുക്കെ നിഷ്കാമ്യമായ കർമ്മം കൊണ്ട് നമ്മളുടെ കർമ്മവാസനയൊക്കെ ക്ഷയിച്ച് നമുക്ക് യാതൊരു പ്രവർത്തിയിലും രുചിയില്ലാതെ ധ്യാനം നമ്മളെ പിടികൂടണം നമ്മൾ ധ്യാനത്തിനെ പിടികൂടലല്ല ധ്യാനം നമ്മളെ പിടികൂടണം വലിയ വലിയ ഭക്തന്മാരും ഒക്കെ അങ്ങനെയാണ് അവർക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റാതായി അല്ലേ ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ പറയണു ഞങ്ങൾക്ക് ഈ കൃഷ്ണനെ ഒന്നും മറക്കാൻ സാധിച്ചാൽ വേണ്ടില്ല എന്നാണ് മറക്കാൻ വയ്യ വിസ്മർത്തും നൈവ ശക് അവര് പറയണേ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിഷം ഗോപസ്ത്രീകൾ പറയണു ഞങ്ങൾക്ക് മറക്കാൻ വയ്യാന്നാണ് എന്ത് ചെയ്യുകയാണെങ്കിലും തൈര് കടിയാണെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണഗ്രഹഗൃഹീതാത്മാനവേദ ജഗതീദൃശ്യമാണ് പ്രഹ്ലാദന്റെ സ്ഥിതിയെ ഭാഗവതത്തിൽ പറയണേ കൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് പിടിച്ചു എന്നാണ് നമ്മൾ കൃഷ്ണനെ പിടിക്കുന്നതിനും കൃഷ്ണൻ നമ്മളെ പിടിക്കണതിനും വ്യത്യാസമുണ്ട് അല്ലെ കൃഷ്ണൻ പിടിക്കുക എന്ന് വെച്ചാലോ ഭഗവാന്റെ അനുഭവം ധ്യാനമാണല്ലോ കൃഷ്ണൻ പിടിക്കൽന്ന് വെച്ചാൽ ധ്യാനം ഭഗവാൻ ഇങ്ങട് പിടിച്ചു എന്ന് വെച്ചാൽ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ വയ്യ പ്രവൃത്തിയൊക്കെ തനിയെ വിട്ടുപോയി നമ്മൾ ഉപേക്ഷിച്ചതല്ല അത് നമ്മളെ ഉപേക്ഷിച്ചു ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതി ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നൈയായികനായിരുന്നു നവദ്വീപിൽ അദ്ദേഹം തർക്കശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തർക്കശാസ്ത്രം പഠിപ്പിക്കുന്നതിനു പകരം കൃഷ്ണഭക്തിയെക്കുറിച്ച് പറഞ്ഞു അത്രേ കുറച്ചു കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് തന്നെ ഞാൻ തർക്കം പറയാൻ പുറപ്പെട്ടതാണല്ലോ എവിടെ പോയി തന്നെപ്പോലും അറിയാതെ മറ്റു വൃത്തികളോ മറ്റു വിചാരങ്ങളോ വരണില്ല കയറി പിടിച്ചിരിക്കണോ നമ്മൾ ധ്യാനിക്കുകയല്ല ധ്യാനം നമ്മളെ പിടിച്ചിരിക്കാം ആ ഒരു അവസ്ഥ എത്തിയാൽ കർമ്മം കൊഴിഞ്ഞു പോകും പക്ഷെ അതുവരെ കർമ്മത്തിനെ നമ്മളായിട്ട് ഉപേക്ഷിക്കരുതെന്നാണ് നമ്മൾ ഏത് കർമ്മമണ്ഡലത്തിലിരിക്കുന്നുവോ അവിടെ പതുക്കെ പതുക്കെ പതുക്കെ സംഘം ഉപേക്ഷിക്കാം ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ഉപേക്ഷിക്കാം ഞാൻ ചെയ്യണു അത് എങ്ങനെ ഉപേക്ഷിക്കും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ഉപേക്ഷിക്കാന്ന് വെച്ചാൽ നമ്മളാണോ ആ ഭാവം വെച്ചിരിക്കണത് എങ്ങനെ ഉപേക്ഷിക്കും ചോദിച്ചാൽ ഒരേ വഴിയേ ഉള്ളൂ ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കണം വേറെ ഒരു മാർഗവുമില്ല ഈ ഞാൻ ആരാണ് കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യണു പറയല്ലോ ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ആര് ഈ ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ അഹങ്കാരൂപമായൊരു ഞാനേ ഇല്ല യോ അന്ത പ്രവിശ്യ മമവാചമിമാം പ്രസുത്താം സഞ്ജീവയതി അഖിലശക്തിധരസ്വധാം നാം അന്യാംശഹസ്തരണശ്രവണത്വാദീൻ പ്രാണാന് ധ്രുവൻ ഭാഗവതത്തിൽ പറഞ്ഞു ഏതൊരു സത്തയാണോ ഹൃദയസ്ഥാനത്തില് പ്രവേശിച്ചിരുന്നു നാവിലൂടെ വാക്കുകളെ ഉച്ചരിക്കുന്നത് ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നത് മൂക്കിലൂടെ മണക്കുന്നത് നാക്കിലൂടെ രുചിക്കുന്നത് ത്വക്കിലൂടെ സ്പർശിക്കുന്നത് കൈകാലുകൾ കൊണ്ട് പ്രവർത്തിയെടുപ്പിക്കുന്നത് ആ ശക്തി പോയാൽ ഈ ശരീരം വെറും ജഡമായിട്ട് തീരും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ സകല പ്രവർത്തിക്കും മൂലകാരണമായിട്ട് നിൽക്കുന്ന ആ പുരുഷന് നമസ്കാരം നമസ്കാരം എന്ന് വച്ചാലോ ആ പുരുഷന്റെ മുമ്പിൽ അടങ്ങുന്നു എന്നർത്ഥം ആ പരമേശ്വരനാണ് സകലത്തിനും കർത്താവ് ഭോക്താവ് ഞാൻ അല്ല എന്ന് അത് സന്യാസം അതറിയണമെങ്കിൽ മറന്നു മറന്നു പോകും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുമ്പോൾ ദുഃഖം പിടികൂടും ഞാൻ ആര് എന്നുള്ള വിചാരം നമ്മളുടെ ഉള്ളിൽ നിന്ന് വിലകിയാൽ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പൊന്തും അതാണ് തമാശ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വിചാരിച്ചാൽ നമുക്ക് നല്ലവണ്ണം തെളിയുകയാണെങ്കിൽ പക്ഷെ ഈ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ ചലനത്തിനെ ശ്രദ്ധിക്കുന്നത് വിട്ടുപോയാൽ അത് പൊന്തി വന്ന് നൂറ്റിക്കണക്കിന് വിക്ഷേപങ്ങളുണ്ടാക്കും ഒരു ക്ഷണത്തില് അതുകൊണ്ട് സദാ ശ്രദ്ധയുടെ വാളും പിടിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ കവാടത്തിൽ നിൽക്കണം ഇയാൾ ഒരു നമ്മൾ അജാഗ്രതയോടെ കൂടെ ഇരുന്നാൽ നമ്മളെ കൊണ്ടുപോകും കൊണ്ടുപോയി പറ്റിക്കും ഞാൻ കർത്താവാണെന്ന് തോന്നും ഭോക്താവാണെന്ന് തോന്നും ഞാൻ ചെയ്യണമെന്ന് തോന്നും എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്റെ ആധ്യാത്മിക പ്രശ്നങ്ങള് ഇതൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തീരും അധ്യാത്മ ജീവിതം തന്നെ ഒരു പ്രശ്നമായിട്ട് തീരും ഞാൻ എങ്ങനെ ധ്യാനിക്കും ഇത്രയൊക്കെ ഗീത കേട്ടുവല്ലോ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ അല്ലെ ചിലർക്ക് അതാണ് പ്രശ്നം ഉം വർഷമായിട്ട് ഞാൻ ഗീത കേൾക്കണു എനിക്ക് ഒരു പിടിയുമില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാണ് ഈ അഹങ്കാരം മനസ്സിലാവുന്നവരെ കാണുമ്പോ അസൂയ അവർക്കൊക്കെ മനസ്സിലാവണു എനിക്ക് മനസ്സിലാവണില്ല മനസ്സിലായവനും മനസ്സിലാകാത്തവനും രണ്ടുപേരും ഒരേ ക്ലാസ്സിലും ഒരേ ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്ന മനസ്സിലാക്കാനുള്ളതല്ല ഇത് മനസ്സിലായവൻ ഈ മനസ്സിലായി ഞാൻ ആരാണോ എന്ന് വിചാരിച്ചു നോക്കണം മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആർക്കാ മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് എന്ന് തോന്നുന്നുണ്ടല്ലോ ആ എനിക്ക് എന്നുള്ളത് എന്താ ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ ശ്രദ്ധിക്കുക എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോ ആളെ മനസ്സിലായാലോ എനിക്ക് മനസ്സിലായും സന്തോഷം അല്ലെ ഈ മനസ്സിലായി എന്ന് അഭിമാനിക്കുന്നവനും മനസ്സിലായിട്ടില്ല എന്ന് ദുഃഖിക്കുന്നവനുമായ ഈ അഹങ്കൃതിയെ ശ്രദ്ധിച്ചാൽ ആ അഹംകൃതി എവിടുന്നു പൊന്തുണോ അവിടെ അടങ്ങും അടങ്ങുമ്പോൾ ഏർപ്പെടുന്ന ശാന്തി തന്നെയാണോ മനസ്സിലാക്കൽ വേദാന്തികൾ ലക്ഷ്യാർത്ഥം മുഖ്യാർഥം എന്ന് രണ്ടെണ്ണം പറയും ഇപ്പൊ ഗീത പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അന്വയവും അർത്ഥവും ഒക്കെ പിടികിട്ടിയാൽ മുഖ്യാർത്ഥം പക്ഷെ ഈ മുഖ്യാർഥമല്ല ആവശ്യം മുഖ്യാർഥം വേണം ഒരു സഹായം വേണ്ടത് ലക്ഷ്യാർത്ഥമാണ് ലക്ഷ്യാർത്ഥമാണ് അത് ഒരു കഥ രാമകൃഷ്ണപ്രഹ്മഹം സർ പറയും ശ്രീരംഗത്തിലെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോ ഒരുത്തൻ ദിവസം രാവിലെ എണീറ്റാ രംഗനാഥന്റെ മുമ്പിൽ ഇരുന്ന് ഗീത വായിക്കും അത്രേ ഒരു ശ്ലോകമെങ്കിലും ശരിക്കും വായിക്കില്ല സകലത് അബദ്ധ പഞ്ചാംഗം അപ്പൊ അവിടെയിരിക്കുന്ന ഈ ഭട്ടരക്ക് കേട്ട് കേട്ട് കേട്ട് മതിയായി അദ്ദേഹം ചീത്ത വിളിച്ചു ഇനി ഇവിടെ കണ്ടാലുണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ ഗീത കേട്ടിട്ട് ഞാൻ പഠിച്ചതൊക്കെ മറന്നു നിങ്ങൾ പറയണ പോലെയാപ്പൊ എനിക്ക് ഗീത വരണത് എന്ന് ചീത്ത ഓർത്തു അപ്പൊ ഇയാൾക്ക് നമ്മൾ വായിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത് വായിക്കാതിരിക്കാനും അയാൾക്കും അയ്യാം പരമഭക്തിയോടെ വായിക്കും അങ്ങനെ കണ്ണീര് ഇട്ടുകൊണ്ട് വായിക്കും അവസാനം ഇയാൾ അമ്പലത്തിന്റെ ഏതെങ്കിലും തൂണിന്റെ ഓരത്തിൽ ചെന്നിരിക്കും അവിടെയും ആരെങ്കിലും ഒക്കെ കേട്ടു കഴിഞ്ഞാൽ ഓടിച്ചോടും വായിക്കുന്നതൊക്കെ അബദ്ധമാണ് അപ്പൊ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്തില് വന്നപ്പോ രംഗനാഥനെ തൊഴുതിട്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോ ഇയാളുടെ ഗീത വായിക്കണ സ്ഥലത്ത് കേട്ടോണ്ടു ചെന്നു അപ്പൊ ഈ കൂടെ ഇരിക്കുന്നവരൊക്കെ അയ്യോ പാപം പാപം മഹാഘോരം എന്ന് പറഞ്ഞ് ഈ ചെവി പൊത്തിയപ്പോ ചൈതന്യ മഹാപ്രഭു അവിടെ പോയി രസിച്ചു നിന്ന് കണ്ടു കൊത്തരാ അദ്ദേഹത്തിന് ഈ വാക്കുകളുടെ അർത്ഥമോ ഇയാൾ വായിക്കുന്ന അബദ്ധമൊന്നും ചെവിയിൽ വീണേലില്ല ഇയാളിങ്ങനെ കണ്ണീര് വിട്ടുകൊണ്ട് ആനന്ദമായിട്ട് സന്തോഷമായിട്ട് വായിക്കാം അയാള് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടതും പതറി എണീറ്റ് നിന്ന് നമസ്കരിച്ചപ്പോ ചൈതന്യ മഹാപ്രഭു കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എവിടുന്നാ തനിക്ക് ഇത്ര ആനന്ദം ഈ വായിക്കുമ്പോ എന്തും മനസ്സിലായി അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നെ ഇവിടെ ഉള്ളവർ മുഴുവൻ ചീത്ത പറയാ പക്ഷെ വായിക്കുമ്പോ എവിടെയോ ആത്മാ ആത്മാവിനെ അറിയൂ നീ തന്നെ ആത്മാവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ കൃഷ്ണൻ ഉപദേശിക്കുന്നതും അർജുനൻ കേൾക്കുന്നതും എനിക്ക് ഓർമ്മ വരുമ്പോ എനിക്കും അതിങ്ങനെ ആനന്ദം തോന്നും ആ ആനന്ദത്തിൽ ഞാൻ കണ്ണീര് വിടാണ് ഇപ്പൊ ചൈതന്യ മഹാപ്രഭു തന്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു എത്ര ഇവനാണ് ഗീതയുടെ ലക്ഷ്യാർത്ഥം ലഭിച്ചിട്ടുള്ളവർ നിങ്ങൾക്കൊക്കെ വാക്യാർത്ഥം കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് ലക്ഷ്യാർഥം ലക്ഷ്യാർത്ഥം എന്താ ആനന്ദം പൂർണ്ണ തൃപ്തി ശാന്തി അല്ലെ അതാണോ ഗീത കൊണ്ട് ഉദ്ദേശിക്കണത് ശാന്തി മൃച്ഛതീന മറ്റേത് ശണ്ട കൂടിയിട്ട് കാര്യം ഘടമാണോ മൃപ്പിണ്ഡമാണോ എന്നൊക്കെ പറഞ്ഞ് ശണ്ടകൂടും അത്രേ താർക്കികന്മാർ കുടത്തുനിന്ന് മണ്ണ് ഉണ്ടായി മലയിൽ നിന്ന് പുക കാണുന്നത് അഗ്നിയുണ്ട് ഇതൊക്കെ തർക്കശാസ്ത്രമാണ് അനുമാനം കണ്ടുപിടിക്കാനായിട്ട് ചണ്ടകൂടും ആചാര്യസ്വാമികൾ ഒരിടത്ത് ചെന്നപ്പോൾ ആളുകൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണോ അത്രേ ഉം പർവതോ വന്യമാൻ ധൂമവത്വാത് താർക്കികന്മാരുടെ സിദ്ധാന്തമാണ് അനുമാനം എങ്ങനെയാ അനുമാനം എന്ന് വെച്ചാൽ മലയുടെ മുകളിൽ പുക കണ്ടാൽ അഗ്നി ഉണ്ട് എന്നറിയാം അതുകൊണ്ട് പുക വെച്ചുകൊണ്ട് അഗ്നിയെ ഊഹിക്കുന്നു പർവ്വതത്തിൽ അഗ്നി ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വെറുതെ വാക്കുകൾ കൊണ്ടുള്ള കളി ഇത് കേട്ടപ്പോ അതേപോലെ മണ്ണ് കൊടം ഇങ്ങനെ പല ഉദാഹരണങ്ങൾ കൊണ്ട് ആളുകൾ ശണ്ട കൂടുന്നത് കണ്ടപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞു എന്തിനാ ഈ കണ്ഠക്ഷോഭം ഇതൊക്കെ ഈ ചണ്ട കൂടി അവസാനം തൊണ്ടവേദനിക്കും അത്രേ പ്രയോജനമുള്ളൂ ഘടോവാ മൃത്പിണ്ടോ പി അണുരപി ധൂമോഗ്നിരചലഹ പടോവാ തന്തുർവാ പരിഹരതിക്കും ഘോരശപനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തർക്കവചസ പദോജം ശംഭോ ഭജ പരമസൗഖ്യം വ്രജസുധീ ഘടോ മൃത്പ്പിണ്ഡോ അണുരപിധൂമോഗ്നിരചല പടോ വന്തുർവാ പരിഹരതിക്കിംഘോരശമനം ഈ സംസാരം എന്ന് പറയുന്ന ഘോരമായ ഒരു അഗ്നി ഉള്ളില് കാമം ക്രോധം ലോപം മോഹം അനേകവിധ ദുഃഖങ്ങള് വിഷമങ്ങളായിട്ട് ഉള്ളില് കത്തി എരിയുമ്പോ ഇവിടെ ഘടം പടം എന്ന് പറഞ്ഞ് ശണ്ട കൂടിക്കൊണ്ടിരുന്നാൽ അത് ശമിക്കുവോ വൃഥാ കണ്ഠക്ഷോഭം വഹസി തറസാ തർക്കവസാ കൊണ്ട് വെറുതെ കണ്ഠക്ഷോഭം ചെയ്യാതെ ശംഭോഹോ പദാംബോജം ഭജന ഭഗവാന്റെ പാദാംബുജത്തിനെ ഭജിക്കുക ഭഗവത് ഭജനം ചെയ്യൂന്ന് ഈശ്വരനെ ഭജിക്കൂ എന്നുവെച്ചാലോ ഉള്ളില് അന്തരാത്മാവായി പ്രകാശിക്കുന്ന ആ പരമസത്യത്തിനെ പ്രഭുവിനെ കണ്ടെത്തൽ ആ കണ്ടെത്തലാണ് ലക്ഷ്യാർത്ഥം അത് കിട്ടിക്കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും എല്ലാ കർമ്മത്തിന്റെയും പ്രയോജനം അതാണ് പക്ഷേ ഇത് പറഞ്ഞാലും ആ അനുഭവം നമുക്ക് ഏർപ്പെടണമല്ലോ അതിനെന്താ വഴി അതിനു വഴിയായിട്ട് ഭഗവാൻ ഇവിടെ മാർഗം വിധിക്കുകയാണ് നോക്കാം അടുത്ത ശ്ലോകം ആരുഷോർമുനേർ യോഗം യോരുൂഢ്യമു ആരുക്ഷോർമുഗം കമ്മ്യത്തെ ോ മു യോരുൂഢം ഉച്ച ആരുരുക്ഷു എന്ന് വെച്ചാൽ ആരോടും ഇച്ഛുഹു നമുക്ക് ഒരു കോണിപ്പടി കയറി മോളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ആരുരുക്ഷുവാണ് ഇപ്പോ യോഗാവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ ഭക്തിയെക്കുറിച്ച് കേട്ടു അതുപോലെ ഒരു ഭക്തി നമുക്ക് വരില്ലേ അല്ലെങ്കിൽ യോഗസ്ഥിതി ആ ശാന്തി നമുക്ക് കിട്ടില്ലേ എന്ന് ആഗ്രഹിക്കുന്നവൻ ആരുരുക്ഷു ആരുക്ഷുവായിട്ട് നിരന്തരം ഈ വേദാന്ത വിഷയങ്ങളെ മനനം ചെയ്തുകൊണ്ട് കേട്ടതൊക്കെ നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനായി യത്നം ചെയ്യുന്നവന് കർമ്മ അവന് മേലോട്ട് വഴി പടി കർമ്മമാണ് എന്നുവെച്ചാൽ അയാൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കർമ്മത്തിലാണ് ഡയറക്ടായിട്ട് ധ്യാനത്തിലേക്ക് പുറപ്പെടരുത് ആദ്യമേ ധ്യാനത്തിലേക്ക് പുറപ്പെടരുത് ഇപ്പോഴൊക്കെ ഉണ്ടോന്നറിയില്ല പണ്ടൊക്കെ ഈ ഉത്സവത്തിന് വരുമ്പോഴേ ഈ ഒറ്റ കമ്പി കെട്ടിയിട്ട് ചരട്ട കൊണ്ട് ഒരു സംഗീതോപകരണം ഉണ്ടാക്കും എന്നിട്ട് ഒരു വില് പോലെ ഒരു സാധനം വെച്ചിട്ട് അതിലയാൾ ഉള്ള സിനിമാ പാട്ടൊക്കെ വായിക്കും ആ വായിക്കണത് കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊക്കെ അതിന് മൂന്നു റുപ്യ നാലുറുപ്യണ്ടാവും എന്നൊക്കെ അത് വായിക്കണത് കണ്ടാൽ നമുക്ക് കൊതി തോന്നിയിട്ട് നമുക്കും അതേപോലെ വായിക്കാമെന്ന് വിചാരിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു വന്ന് ആദ്യം വയ്ക്കുമ്പോ തന്നെ അപസ്വരം രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴേക്കും പൊട്ടിയും പോകുക അത് അയാള് വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റില്ല ആദ്യം കേൾക്കുമ്പോ നമുക്ക് കൊതി അതേപോലെ സംഗീതമൊക്കെ ആർക്കും സാ തൊട്ട് പഠിക്കുന്ന ഒരു കുട്ടി പാടുന്നത് കേട്ടിട്ട് ആർക്കും സംഗീതത്തിൽ രുചിയുണ്ടാവില്ലേ നല്ല സംഗീത കച്ചേരി കേൾക്കുമ്പോ രുചിയുണ്ടാവും പക്ഷെ പഠിക്കുമ്പോ വീണ്ടും എവിടെ അപസ്വരത്തുന്ന് തുടങ്ങണം അല്ലേ ശുഭസ്വരത്തുനിന്നല്ല അപസ്വരത്തെന്ന് തുടങ്ങേണ്ടി വരും അപ്പോ നമുക്ക് ലക്ഷ്യം നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ പോലും മാർഗം കർമ്മത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങണം കർമ്മത്തിനെ നിഷ്കാമ്യമായിട്ട് ചെയ്തു തുടങ്ങാം ഭഗവാന് പൂജയായിട്ട് ചെയ്തു തുടങ്ങാം കർമ്മത്തിനെ ശുദ്ധമാക്കി തുടങ്ങാം ആദ്യം നീച്ച വിഹിതകർമ്മങ്ങളാക്കി മാറ്റുന്നു വിഹിത ശുദ്ധമാക്കി ചെയ്യുന്നു കർമ്മേന്ദ്രിയങ്ങളെ കെട്ടിയിടുക ആദ്യത്തെ പടി ഒരു നല്ല നിഷ്ഠയുണ്ടാക്കിയെടുക്കണം നമുക്ക് ധ്യാനം വേണമെങ്കിൽ ആദ്യമേ മനസ്സിനെ ശ്രദ്ധിച്ചാൽ നമ്മൾ പേടിച്ചു പല വിധ വികാരങ്ങളോടുകൂടെ ഇരിക്കുന്ന ഒരു ജീവിതത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിന് പകരം ആദ്യം കർമ്മേന്ദ്രിയത്തിനെ കെട്ടിയിടുകയാണ് ഇതാണ് യോഗികൾ എന്ന് പറയുന്നത് അതായത് രാവിലെ എണീറ്റ് ഒരു റൂട്ടീൻ ഉണ്ടാക്കുക ഇത്ര ജപം നമസ്കാരം പ്രദക്ഷിണം സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യല് അമ്പലത്തിൽ പോവുക ഇങ്ങനെയൊക്കെ ശരീരത്തിനെ കർമ്മേന്ദ്രീയത്തിന് ആദ്യത്തെ പിടിച്ചിട്ട് ഒരു ചിട്ടയുണ്ടാക്കാം അത് നിഷ്കാമ്യമായിട്ട് ചെയ്യാം ഇതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് ഭാവത്തോടെ കുറച്ചു കുറച്ച് കഴിയുമ്പോ എന്താവും പതുക്കെ മനസ്സിന്റെ വേഗം കുറയും കർമ്മേന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ മനസ്സിന് വിഷയങ്ങളിൽ ചെന്ന് ചരിക്കാൻ പറ്റില്ല നേരെ മനസ്സിനെ നമ്മള് മെനക്കെട്ടു പിടിച്ച് യോഗത്തിൽ നിർത്തിയാലും കർമ്മേന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോയാൽ മനസ്സ് വീണ്ടും വിഷയങ്ങളിൽ വീണു അതുകൊണ്ട് ആദ്യത്തെ പടിയായിട്ട് കർമ്മേന്ദ്രിയങ്ങളെ ഒന്ന് നിലക്കി നിർത്തി എന്നിട്ട് അതാണ് കർമ്മകാരണമുച്ചു ഭഗവാൻ പറഞ്ഞു ഫസ്റ്റ് ശരീരത്തിന്റെ തലത്തിലുള്ള കർമ്മങ്ങളെയൊക്കെ ശുദ്ധമാക്കുന്നു അത് നിഷ്കാമ്യമായിട്ട് ചെയ്യുന്നു ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്നു ഭാഗവതം മഹാരാഷ്ട്ര ഭാഷയിൽ ഭാഗവതത്തിന്റെ ഏകാദശ സ്കന്ധം അതിന് പാട്ടുകളായിട്ട് കമൻട്രി എഴുതിയ വ്യാഖ്യാനം എഴുതിയ ഒരു മഹാത്മാവാണ് ഏകനാഥസ്വാമി ഏകനാഥസ്വാമി പരമഭക്തനായിരുന്നു അദ്ദേഹം വലിയ യോഗിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭാഗവതത്തിൽ അദ്ദേഹം പറയണു വീടൊക്കെ അടിച്ചുതെളിച്ച് വൃത്തിയാക്കിയിട്ട് സദാ ഭഗവത് സ്മരണത്തോടുകൂടെ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വീട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ആ കുപ്പയൊക്കെ കൊണ്ടുചെന്ന് പുറകുവശത്തെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നാരായണാർപ്പണം എന്നുകൊണ്ട് കളഞ്ഞാൽ അതൊരു പൂജയായിട്ട് തീരും എന്നുവെച്ചാൽ കർമ്മം ജഡമാണ് കർമ്മത്തിന് ഏത് കർമ്മത്തിനേയും പൂജയാക്കി മാറ്റാം പൂജയെ പോലും ജഡമാക്കി മാറ്റാം ഭാവത്തിനാണ് നമ്മൾ പൂജ ആരാധന എന്ന് പറയുന്നത് നാളെയൊക്കെ ഇനിയിപ്പോ ചിലപ്പോൾ അമ്പലത്തിൽ പൂജാരികളൊന്നും കിട്ടാനില്ല എന്ന് വന്നിട്ട് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോ മെഷീൻ പൂജ ചെയ്യാൻ തുടങ്ങും ഈ പൂജാരികളെക്കാളും ഒക്കെ ഭംഗിയായിട്ട് മന്ത്രങ്ങൾ ചൊല്ലി മണിയടിക്കും മന്ത്രങ്ങൾ സ്വരം പഴിക്കാതെ ചൊല്ലും പുഷ്പങ്ങളെടുത്ത് അർച്ചിക്കും പക്ഷെ നമുക്ക് ഭാവം ഉണ്ടാവുമോ മെഷിൻ പൂജ ചെയ്താൽ ഭാവം ഉണ്ടാവോ കാരണം എന്താ മെഷിന് ഭക്തിയുമില്ല മെഷിന് ഈശ്വരൻ എന്നുള്ള വെറും ജഡമായിട്ടുള്ള കർമ്മം അല്ലേ അപ്പൊ കർമ്മം ജഡമാണ് ആ പൂജ എന്ന് പറഞ്ഞ പുഷ്പം എടുക്കുന്നത് അർച്ചിക്കുന്നത് ഇതൊക്കെ ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചിരിക്കണ ഈ ചിട്ട ഭക്തി ഉണ്ടാവോ എന്ന് പറഞ്ഞൊരു ചിട്ട ആചാരം പക്ഷെ ആ ആചാരമല്ല കാരണം പിന്നെയോ ഈ ചെയ്യുന്ന ആളുടെ ഹൃദയത്തിലുള്ള ഭഗവത് ഭക്തിയാണ് ഭക്തി അവിടെ ഇല്ലെങ്കിൽ പൂജ പോലും വെറും ജോലിയായിട്ട് തീരും ഭക്തിഭാവം ഉള്ളിൽ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യുന്നത് പോലും ആരാധനയായിട്ട് തീരും അപ്പോ കർമ്മത്തിനെ മുഴുവൻ ആരാധനയാക്കി മാറ്റണം പൂജയാക്കി മാറ്റണം അതിനെന്താ വഴി നിരന്തരം നാമം ജപിച്ചുകൊണ്ടോ ഭഗവാനെ അർപ്പിച്ചുകൊണ്ടോ സ്മരണഭാവത്തോടു കൂടെ ഭഗവാന്റെ കയ്യിൽ ഞാനൊരു യന്ത്രമാണെന്നുള്ള ഭാവത്തോടു കൂടെ പൂജ ചെയ്യുക ഇതാണ് ഭാഗവതധർമ്മം ഭാഗവതധർമ്മം കായേന വാചാ മനസേന്ദ്രീർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവാത്ത് കരോതിയത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത് ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ നവയോഗികൾ പറഞ്ഞു ചെയ്യുന്ന ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ടും ഒക്കെ ചെയ്യുമ്പോ ഈ ശരീരം എന്റെ ശരീരമല്ല ഇത് സംഗമേശ്വരന്റെ ശരീരമാണ് ഇത് സംഗമേശ്വരന്റെ കയ്യിലൊരു യന്ത്രം ഭഗവാൻ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു പോലെ പ്രവർത്തിക്കുന്നു ദിവസം ഭഗവാന്റെ മുമ്പില് ഇതുമാത്രം പറഞ്ഞാ മതി എന്നെ ഏറ്റെടുത്തോളണം എന്നാണ് എന്റെ സംഗമേശ എന്ന് പറയുന്നതിന് പകരം സംഗമേശന്റെ ഞാനായ വിഷമില്ല സംഗമേശൻ എന്റെ ആയാൽ സംഗമേശനെ കൂടെ നോക്കണ ചുമതല നമുക്ക് ഒന്നു പോകും രാമായണത്തില് തുളസീദാസ് രാമായണത്തില് സുഗ്രീവ സഖ്യം സുഗ്രീവനെയും ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സഖ്യം ചെയ്തു വെക്കുകയാണ് അപ്പോ ആഞ്ജനേയസ്വാമി സുഗ്രീവൻ ഋഷിയമൂഖാച്ചലത്തിലുണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറയുമ്പോ ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് ചോദിക്കും മല കയറും അപ്പൊ ആഞ്ജനേയസ്വാമി പറയണേ ഞങ്ങള് ഞാൻ വഹിച്ചോണ്ടു പോവാം കൊണ്ടുപോവാം അപ്പൊ എങ്ങനെ ഒക്കത്തി ഇരുത്തി കൊണ്ടുപോകണോ അല്ല പുറകെ ഇരുത്തി കൊണ്ടുപോകണോ എന്നാണപ്പോ രണ്ടുവിധത്തിൽ വഹിക്കാല്ലോ അപ്പൊ ഹനുമാൻ പറയണത് ഒക്കത്തി ഇരിക്കണം എനിക്ക് വയ്യ എന്താന്ന് വെച്ചാൽ ഒക്കത്തിരുത്താനുള്ള അർഹത കൌസല്യാദേവിക്കും ദശരഥനും ഉള്ളതാണ് ഒക്കത്തിരുത്തിയാൽ ഒരു അപകടം എന്താന്ന് വെച്ചാൽ ഈ ഒക്കത്തിരുത്തണ ആളെ നമ്മൾ നോക്കണം ആരെയാണോ ഇരുത്തണത് അവരെ നമ്മൾ നോക്കണം അല്ലെ കുട്ടികളെയൊക്കെ നമ്മൾ ഒക്കത്തെടുത്താൽ അവരെ അവര് നമ്മളെ നോക്കില്ല നമ്മൾ അവരെ നോക്കണം അങ്ങേ ഒക്കത്തെടുത്താൽ അങ്ങ് എങ്ങനെ ഭാവമോ അതുപോലെ ഇരിക്കും ഈശ്വരന്റെ സ്വഭാവം അതാണ് ഈശ്വരനെ കുട്ടിയായിട്ട് കരുതിയാൽ ഈശ്വരൻ കുട്ടിയാകും ഈശ്വരനെ അച്ഛനായിട്ട് കരുതിയാൽ ഈശ്വരനെ അച്ഛനായിട്ട് പ്രകാശിക്കും നമ്മൾ സ്വീകരിക്കണ പോലെ കുട്ടിയായിട്ട് കരുതിയാൽ കരിയും പാല് കുട്ടിയെ നമ്മൾ നോക്കണം അപ്പൊ അഞ്ജനേയസ്വാമി പറഞ്ഞു അത്രേ അതുകൊണ്ട് പുറകെ ഇരുന്നോളാണ് കുതിരപ്പുറത്തിരിക്കണ പോലെ ഇങ്ങനെ ഇരുന്നാൽ കുതിരയെ ഓടിക്കേണ്ടത് കുതിരക്കാരന്റെ ചുമതലയാണ് അപ്പൊ എന്റെ പുറകെ അങ് ഇരുന്നാൽ എന്നെ നിയന്ത്രിക്കേണ്ടതും എന്നെ ഏത് വഴിക്ക് നടത്തിക്കണം ഇതൊക്കെ അങ്ങയുടെ ചുമതലയായിട്ട് തീരും എന്റെ ചുമതലയായിട്ട് എനിക്ക് ആ ചുമട് തൂക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങ് തെളിക്കുന്ന വഴിക്ക് ഓടുക അത്രേ എനിക്ക് ചുമതലയുള്ളൂ അല്ലാതെ എനിക്ക് പോണ്ട ഒരു വലിയ വിഷമമൊന്നുമില്ല അങ് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കാം ഇതാണ് ശരണാഗതിയുടെ ഒരു സരളത ശരണാഗതി ചെയ്ത് ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണ് എന്നുള്ള ഭാവം വിട്ടുപോവാതെ ഇരിക്കുകയാണെങ്കിൽ കർമ്മമൊക്കെ യോഗമായിട്ട് മാറും നമുക്കിവിടെ സംഗമേശ്വര സ്വാമി ഭരതനാണല്ലോ രാമായണത്തിൽ ഭരതൻ ഈ രഹസ്യം പറയണു രാമഭരത സംവാദത്തില് ഭരതൻ പറയണു ലോകത്തിലെല്ലാരും ധരിക്കണത് മറ്റുള്ളവരെയൊക്കെ ഭരിക്കണവരായിട്ടിരിക്കണം എന്നാണ് ഒരാളും ഒരു ഗവൺമെന്റ് ഓഫീസിൽ പ്യൂഡാവണം എന്ന് ധരിക്കില്ല അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പ്യൂഡാവണം ധരിക്കില്ല എല്ലാവർക്കും ചെയർമാൻ ആവണം ജനറൽ മാനേജറാവണം എന്നാഗ്രഹം ഉണ്ടാവും ഭരതൻ പറയണത് അവിടുന്ന് രാജാവായിക്കോടുക ഞാൻ അങ്ങയുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിന്നോളാം കാരണം എന്താന്ന് വെച്ചാൽ ഈ വലിയ പൊസിഷനിൽ എ സി റൂം കൊടുത്തിട്ടുണ്ടാവും കാറും ഉണ്ടാവും ആളുകൾ സലൂട്ട് അടിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുമായിരിക്കും പക്ഷെ അവരുടെ തലയിൽ വലിയൊരു ചുമടാണ് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല നേരെ പ്യൂണിന് അല്പം ശമ്പളം കുറവാണെങ്കിലും വാടാ പോടാന്നൊക്കെ വിളിച്ചാലും അയാൾക്ക് എന്തെങ്കിലും ഒരു പതിനുമണിയാകുമ്പോഴത്തേക്ക് ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും അയാൾക്ക് വേറെ ഒരു പണിയും അയാൾക്ക് റെസ്പോൺസിബിലിറ്റിയും അയാൾക്ക് യാതൊരു ചുമടവും സുജീവം നിത്യശസ്തെ പറ ഉപജീവതി രാമതസ്യതു ദുർജീവം യഹ് പരാൽ ഉപജീവതേന്ന് ഭരതൻ പറയണത് രാമ ആരാണോ മറ്റുള്ളവരാൽ ജീവിക്കുന്നത് മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ ജീവിതം സുഖമാണെന്നാണ് അവർക്കൊരു ചുമടവും ഇല്ല ചുമതലയും അവർക്ക് അവർ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവാം എങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോവാം ഒരു സ്വേച്ഛ ഇല്ലാതായാൽ അവൻ സ്വതന്ത്രൻ തന്റേതായ സ്വേച്ഛയേ ഇല്ലെങ്കിൽ സ്വതന്ത്രൻ ആരെങ്കിലും ഒക്കെ ഊണ് കഴിക്കാം വിളിച്ചാൽ പോയി ഊണ് കഴിക്കാം പ്രഭാഷണം ചെയ്യാൻ വിളിച്ചാൽ പ്രഭാഷണത്തിന് പോവാം വിളിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാകും നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കോ ആജ്ഞ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ തലയിൽ ചുമട് കയറും അപ്പോ ഭരതൻ പറയാണ് അങ്ങയുടെ ആജ്ഞാനുവർത്തിയായിട്ട് ഞാൻ ഇരുന്നോളാന്നാണ് ആജ്ഞാപിക്കുന്നവന്റെ തലയിൽ ചുമടാണ് ആജ്ഞ അനുസരിക്കണവന് സ്വാതന്ത്ര്യമാണെന്നാണ് ഭരതന്റെ സിദ്ധാന്തം അപ്പോ കർമ്മം ചെയ്യുന്നത് ഭഗവാന്റെ ആജ്ഞയാണ് അങ്ങനെയാണല്ലോ അതാണല്ലോ സത്യം കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് ആർക്കും സ്വാതന്ത്ര്യം ഇല്ല ഭഗവാൻ നമ്മളെയൊക്കെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇവിടെ കർമ്മം ചെയ്യൂന്ന് പറഞ്ഞിട്ട് ശരീരം കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയോ ഇവിടെ ചെയ്യാനാണ് പലർക്കും പല കർമ്മവും ചെയ്യാനുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു ബസ്സിന് കല്ലെറിയാനെങ്കിലും ഉണ്ടാവും അതൊക്കെ അവരെ ഇറക്കി വിട്ടിരിക്കാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനുമുള്ള ആളുകൾ വേണം അവിടെ എല്ലാവിധ വിഷമങ്ങൾ സൃഷ്ടിക്കാനും ഗുണം ചെയ്യാനും ദോഷം ചെയ്യാനും ഒക്കെ ആളുകൾ ഇവിടെ വേണം അവരൊക്കെ അതിനുവേണ്ടി ഭഗവാൻ നിയമിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ കർമ്മം നമുക്ക് പൂജയായിട്ട് തീരും ഈ ഭാവത്തോടുകൂടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ചിത്തം ശുദ്ധമാവും ചിത്തം ശുദ്ധമായി അഹങ്കാരത്തിന്റെ ബലം കുറയും പതുക്കെ പതുക്കെ പതുക്കെ സങ്കല്പത്തിന്റെ ബലം കുറയും മനസ്സ് അടങ്ങി അടങ്ങി അടങ്ങി തുടങ്ങും മനസ്സ് നല്ലവണ്ണം അടങ്ങിയാൽ പിന്നീട് ശമകാരണമുച്ചതേ ഇനി ധൈര്യമായിട്ട് കർമ്മമൊക്കെ വിട്ടിട്ട് ധ്യാനിക്കാം കർമ്മത്തിനെ വളരെയധികം കുറച്ചുകൊണ്ട് വ്യവഹാരത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്തുകൊണ്ട് ബാക്കി സമയമൊക്കെ ധ്യാനം ചെയ്യുക എന്നുള്ള യോഗസ്ഥിതി നമുക്ക് സിദ്ധിക്കും അപ്പൊ ധ്യാനത്തിന് ആരാണ് അധികാരികൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോ ആ സ്ഥിതി എത്തിക്കഴിഞ്ഞു നമുക്ക് എങ്ങനെ അറിയാം അങ്ങനെ എത്തിയോ എത്തിയില്ലയോ ഒന്നാമത് നല്ലവണ്ണമാണ് നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ ചെറിയ കുട്ടി ചോദിച്ചു അത്രേ അമ്മയെ എങ്ങനെ അറിയും ചോദിച്ചു അത്രേ അമ്മയുടെ വിശക്കണു എങ്ങനെ അറിയും വിശക്കുമ്പോ അറിയും അതാരും പറഞ്ഞു കൊടുക്കണ്ട സഹജമായിട്ട് വിശക്കുമ്പോ തന്നെ അറിയും അല്ലേ അതുപോലെ ആ സ്ഥിതി എത്തുമ്പോ നമുക്ക് എന്താ ലക്ഷണം ആ ലക്ഷണമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്ക ൂ നമ്മസ്വനുഷജത്തെ സർസ്പസീസ്തോച്യത്തെ ൂഢ്യത്തെ രണ്ട് പേരുകൾ ഭഗവാൻ പറഞ്ഞു ഓർമ്മ വെച്ചോള ആരുക്ഷു എന്നുവെച്ചാൽ യോഗസ്ഥിതിയെ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ യോഗാരൂഢൻ എന്ന് വെച്ചാൽ യോഗസ്ഥിതിയെ പ്രാപിച്ചവൻ എപ്പോഴാ യോഗാരൂഢനാവുന്നത് എന്ന് വച്ചാൽ യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു നർമ്മസു അനുഷ്ഠിച്ചത് ചിലർക്ക് കർമ്മം ചെയ്യാനൊന്നും ഉത്സാഹം ഉണ്ടാവില്ലേ ഞാനേ ഇപ്പൊ ഒന്നും ചെയ്യണില്ല എത്ര കാലം ജോലിയൊക്കെ ചെയ്തു മതിയെ ഇപ്പൊ എന്ത് ചെയ്യും രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ എണീക്കും പിന്നെ ആ ടി വി ഇട്ടിട്ട് അങ്ങനെയിരിക്കും അതിന്റെ മുമ്പില് അതിൽ എന്തൊക്കെ കാണിക്കണമോ അതൊക്കെ അവർ കാഷ്ടിക്കണതൊക്കെ തിന്നാം അപ്പോ അത് ഇന്ദ്രിയാർത്ഥേഷു അനുഷ്ചതയിലാണ് ഇന്ദ്രിയാർത്ഥങ്ങളില് കണ്ണുകൊണ്ട് കാണാനും പിന്നെ അല്ലെങ്കിൽ എന്താ കൊറേ തിന്നാം അല്ലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നുകൊണ്ടിരിക്കാം നാക്കിന് അല്ലെങ്കിൽ ചെവി കൊണ്ട് മൂക്കുകൊണ്ട് ഇത് ഇന്ദ്രിയാർത്ഥങ്ങളിലുള്ള രമണം അതേപോലെ കർമ്മം കർമ്മം ചെയ്യാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്നില്ല യാതൊന്നും ചെയ്യാനുള്ള പ്രേരണയില്ല അതേപോലെ ഇന്ദ്രിയ വിഷയങ്ങളിലും രമിക്കണില്ല എന്നാണ് എന്നുവെച്ചാൽ മനസ്സ് ഉറങ്ങുന്നുമില്ല ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്നുമില്ല വെളിവ്യവഹാരവും ചെയ്യണില്ല അപ്പൊ എന്താ യോഗാരൂഢഹ ഉള്ളില് യോഗസ്ഥിതിയാണ് നല്ല നിശ്ചലത ശാന്തി ഈ അവസ്ഥ നമുക്ക് ഒരുപക്ഷെ ചെറുപ്പകാലത്തൊന്നും വന്നിട്ടില്ലെങ്കിലും വയസ്സുകാലമാകുമ്പോഴേക്കുമെങ്കിലും വരണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അന്ധകാലത്തിലെങ്കിലും നേടിയെടുക്കുക എന്താന്ന് വെച്ചാൽ അന്ധകാലമാവുമ്പോൾ നമ്മൾക്ക് കർമ്മം ചെയ്യണം എന്ന് പറ്റില്ല ഇപ്പോഴൊക്കെ ഞാൻ വെറുതെ ഇരിക്കാറില്ല വേലി കിട്ടും എന്ന് പറയണവർക്ക് വേലി കിട്ടാനൊന്നും പറ്റില്ല എണീറ്റ് നിൽക്കാനേ പറ്റില്ല കണ്ണുകൊണ്ട് ടി വി വെച്ചാൽ ടി വി പറ്റില്ല നല്ല കാര്യവും ചെയ്യാൻ പറ്റില്ലേ എന്തെങ്കിലും പുസ്തകം വായിക്കാനും സാധ്യമല്ല അപ്പൊ എന്തു ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കോ അല്ലെ സകല പേരും വെറുക്കും ആ സമയത്ത് നമുക്ക് ഈ യോഗസ്ഥിതി ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള എന്റർടൈൻമെന്റൊക്കെ ചതിക്കുഴികളാണെന്ന് നമുക്കപ്പ മനസിലാവും കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സുഖം ചെവി കൊണ്ട് കേട്ടിട്ടുള്ള സുഖം മൂക്കുകൊണ്ട് മണത്തിട്ടുള്ള സുഖം നാക്കു കൊണ്ട് രുചിച്ചിട്ടുള്ള സുഖം ഒക്കെ ചതിക്കണു നാക്കുകൊണ്ട് തിന്നണമെന്നുണ്ട് ഡയബറ്റീസിനെ ആലോചിച്ചാൽ പേടി കണ്ണുകൊണ്ട് കാണണം എന്നുണ്ട് കാണണേയില്ല കാണാൻ വയ്യ ചെവി കൊണ്ട് പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ വയ്യ എല്ലാ ഇന്ദ്രിയങ്ങളും ചതിക്കണു അപ്പം നേരത്തെ തന്നെ യോഗസ്ഥിതി ഉണ്ടെങ്കിൽ ഇന്ദ്രിയാർത്ഥങ്ങളിൽ ഒന്നും രുചിയില്ല എന്ന് വെച്ചാൽ അതൊന്നും കുഴപ്പമില്ലാന്നർത്ഥം കണ്ണു കാണണം എന്നൊന്നുമില്ല മൂകകവിന്ന് ഒരാളുണ്ടായിരുന്നു അയാള് മൂകനായിരുന്നു കാമാക്ഷി ക്ഷേത്രത്തില് കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തില് അടിച്ചുതെളിക്കുക വൃത്തിയാക്ക ഈ പണിയായിരുന്നു അത്ര അദ്ദേഹത്തിന് ആ മൂകകവിയുടെ മുമ്പില് ദേവി പ്രത്യക്ഷപ്പെട്ടുവന്നാണ് ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോ ദേവി മൂകന് വാക്ശക്തി കൊടുത്തു അനുഗ്രഹിച്ചിട്ട് കാമാക്ഷി വാക്ശക്തി കൊടുത്തപ്പോ അഞ്ഞൂറ് ശ്ലോകങ്ങൾ എഴുതി മൂകപഞ്ചശതി എന്നാണ് ഖാ ചന്ദ്രസമാന കാദിരാചസ്തുതാ മൂക്കാമപുറുരീകാശവാൈഭവീകരീ വിഹാരരസി ശോകേക്കുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ മൂകനുപോലു ഗംഗാപ്രവാഹം പോലെയുള്ള വാക്ശക്തി കൊടുക്കുന്ന ഏകാ പുണ്യപരമ്പരാ പശുപദേഹെ ആകാരിണി എന്നാണ് പരമേശ്വരന്റെ ആകാര സ്വരൂപിണിയായിട്ടുള്ള ദേവി ഇവിടെ പ്രകാശിക്കുന്നു എന്ന് മൂകൻ തന്നെ മൂകപഞ്ചശതിയിൽ പറയുന്നു അഞ്ഞൂറ് ശ്ലോകങ്ങൾ എഴുതിയപ്പോ അംബിക വീണ്ടും പ്രകാശിച്ചപ്പോ മൂകനോട് എന്തു വരമാ വേണ്ടതെന്ന് ചോദിച്ചു അമ്മേ അമ്മയെ സ്തുതിച്ചു കഴിഞ്ഞു എന്നെ വീണ്ടും മൂകനാക്കിയാലുണ്ണും ഇനി വർത്തമാനം പറഞ്ഞാൽ നാട്ടുവർത്തമാനമൊക്കെ പറയാൻ വരും വേണ്ടാത്തവരോ ഒക്കെ പറയും അതുകൊണ്ട് വാക്കുകൊണ്ട് എന്താണോ പ്രയോജനം അത് സാധിച്ചു കഴിഞ്ഞു ഇനി വാക്കു വേണ്ടാതെ അപ്പൊ വാക്കുകളൊക്കെ ഭഗവാനർപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രയോജനമുണ്ട് അല്ലെങ്കിൽ വാക്കുകൾ എന്തു പ്രയോജനം എന്നാണ് തസ്യ ഗുണാൻ ഗൃണീതേ തത് കർമ്മ ഭാഗവതത്തില് കുജലോവാഖ്യാനത്തില് പരീക്ഷിത്തു പറയും വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം കാണുക ചെവി കൊണ്ട് ഭഗവത് വിഷയങ്ങള് പരമാത്മതത്വം കേൾക്കുക എന്ന ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ ബ്രഹ്മരസാനുഭവം അനുഭവിച്ച് പഠിപ്പിക്കാം പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിലൊക്കെ രുചിയില്ലാതായിപ്പോ നല്ല മധുരമായ പലഹാരം വീട്ടില് കഴിക്കാനുണ്ടെങ്കില് എച്ചില് തിന്നിലല്ലോ മധുരമായ പലഹാരം ഉള്ളിൽ കിട്ടിയാൽ ആരെങ്കിലും എച്ചിലുതിനോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലാണ് എച്ചിലുതിന് അപ്പൊ ഉള്ളില് ഈ മാധുര്യം അനുഭവിച്ചാൽ പുറമേക്കുള്ള വിഷയങ്ങളിൽ പതുക്കെ പതുക്കെ രുചിയേറ്റുപോകും നമ്മൾ തന്നെ നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള വിവേകശക്തി പരീക്ഷിച്ച് പരീക്ഷിച്ച് കണ്ടറിയും ഉള്ളിലുള്ള ആനന്ദം എത്രയോ പതിന്മടങ്ങ് അധികം ഈ വിഷയസുഖങ്ങളിൽ നിന്ന് വരുന്ന സുഖം വളരെ തുച്ഛം എന്ന് ഈ ഉള്ളിലുള്ള വിവേകശക്തി കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ഉപേക്ഷിക്കും അപ്പൊ ഇന്ദ്രിയാർത്ഥങ്ങള് കുറച്ചു തനിയെ പെട്ടെന്ന് നിങ്ങൾ ഉപേക്ഷിക്കൽ കൺസെപ്വൽ പ്രണൺസിയേഷൻ അല്ല നമുക്ക് ഈ വിവേകം ഉള്ളിൽ തെളിഞ്ഞു വരുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ അത് നമ്മളെ വിട്ടുപോകും നമ്മൾ ഉപേക്ഷിക്കലല്ല അത് വിട്ടുപോകും രുചിക്കാതെ വിട്ടുപോകും പിന്നെയോ കർമ്മവും വ്യവഹാരത്തിനുള്ള കർമ്മങ്ങളിലും ഉള്ള രുചി വിട്ടുപോകണം അധികം പ്രവർത്തി ഇപ്പൊ ആളുകള് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജോലി ചെയ്യണത് ചിലർക്ക് ജോലി ചെയ്യാതിരിക്കാൻ വയ്യ എല്ലാ ഉണ്ടെങ്കിലും പണിയെടുക്കും എന്തിനാ പണിയെടുക്കണത് അതൊരു രോഗമായിട്ട് മാറിയിരിക്കുക കർമ്മം യോഗമല്ല ഇപ്പൊ കർമ്മം രോഗമാണ് കർമ്മം ചെയ്ത് എന്താന്ന് വെച്ചാൽ ആളുകൾ കണ്ടാ ചോദിക്കും അതാണിപ്പോ പറയണത് കുഴപ്പം അല്ലാതെ ഇപ്പൊ പ്രവർത്തി എടുക്കാനൊന്നുമല്ല സുഖമായിട്ടിരിക്കാം പക്ഷെ ആളുകൾ കണ്ടാ ചോദിക്കണു നിങ്ങൾ എന്ത് ചെയ്യണു എന്നാണ് ആ കഷ്ട അവര് കുറ്റം അങ്ങനൊരു കാര്യ ഞങ്ങളൊക്കെ എന്തു പറയും ഞങ്ങളോടൊക്കെ ചോദിച്ചാ എന്ത് അവരോട് എന്ത് പറയണം എന്ത് എന്താ ജോലി സാറെവിടെയാ വർക്ക് ചെയ്യണത് വെറുതെ ചോദിക്കുകയാണ് അയാൾക്ക് ഇപ്പൊ നമ്മളുടെ ജോലി അറിഞ്ഞിട്ട് ഒരു തോരവും ഇപ്പൊ നമ്മൾ എന്ത് വർക്ക് എന്ന് പറയും ഭാഗവതം പറയണന്ന് പറയണോ ഗീത പറയണമെന്ന് പറയണോ പ്രഭാഷണം ചെയ്യണമെന്ന് പറയണോ അത് കഴിഞ്ഞ അടുത്ത ചോദ്യം എന്താ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് ഉത്തരം പറയും ആഹാ കഷ്ടവാ അതും ചിലർ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനേക്കാളും വിഷമം അതാണ് നാരായണഗുരുസ്വാമി രമണ മഹർഷിയെ കണ്ടപ്പോ ഒരു ശ്ലോകം എഴുതി നിർവൃതി പഞ്ചകം എന്ന് പറഞ്ഞ അഞ്ച് ശ്ലോകങ്ങൾ എന്താണെന്ന് വെച്ചാൽ മഹർഷി അങ്ങനെ നോക്കിയതേ ഉള്ളൂ നാരായണ ഗുരുസ്വാമി ഇത്ര വലിയ യോഗി അദ്ദേഹം വന്നിട്ട് പോലും എപ്പോ വന്നു എന്നോ എവിടുന്ന് വരണമെന്നോ യാതൊരു ചോദ്യവും ഇല്ല നിശ്ചലമായിട്ടിരുന്നു ഊണ് കഴിക്കേണ്ട സമയത്താവുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞു വേറൊന്നും ചോദിക്കാത്തത് കണ്ടപ്പോ നാരായണ ഗുരു എഴുതിയത്രേ ഈ സ്ഥിതി ആർക്ക് ലഭിച്ചുവോ അവന് നിർവൃത്തിനാണ് കോനാമദേശ കാ ജാതിഹി ഇത്യാദി വാദോപരതിഹി യസ്യ തസീവ നിർവൃത്തിഹീന ഏത് ദേശത്തുനിന്ന് വരണു നാട് ഏതാണ് എത്ര എന്താ ജാതി അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു ട്രെയിനിൽ പോകുമ്പോ അടുത്ത് ഒരാൾ ഇരിക്കണു കൊറേ നേരം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നാരായണ ഗുരുവിനോട് ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ എന്താ ജാതി നാരായണ ഗുരുസ്വാമി തിരിച്ചു ചോദിച്ചോ അത്രേ കണ്ടിട്ട് എന്ത് തോന്നുന്നു അ കണ്ടിട്ട് മനസ്സിലായില്ല അതുകൊണ്ടാ ചോദിച്ചത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാ എങ്ങനെ മനസ്സിലാവും അപ്പൊ ചോദ്യങ്ങള് ശരീരത്തിനെ സംബന്ധിച്ച ചോദ്യങ്ങളാ അല്ലെ എന്താ ജാതി എന്താ പേര് ഇപ്പൊ ജാതിയൊന്നും ചോദിക്കില്ല അത് പഴയകാലത്തെ കാര്യമാണ് ഇപ്പൊ അത് ചോദിക്കും ആരും ചോദിക്കില്ല പക്ഷെ എവിടുന്ന് വരണു കണ്ടാ ചോദ്യ എന്ത് എന്ത് വർക്ക് ചെയ്യണു പിന്നെ അതിനെ കുറിച്ചുള്ള അത് അതോടെ നിൽക്കില്ല പിന്നെ ഇന്ന കമ്പനിയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറെ എനിക്കറിയാം ഞങ്ങളുടെ നാട്ടുകാരനൊരാളവിടെ ജോലി എല്ലായിടത്തും നമ്മുടെ നാട്ടുകാരെങ്കിലൊക്കെ ഉണ്ടാവേ പിന്നെ ഇങ്ങനെ പരന്നു പോവും വർത്തമാനം പല കാര്യങ്ങളിലേക്കും പരന്നു പോവും അപ്പോ ഈ വർത്തമാനമൊന്നും ആർക്കാണോ ഇല്ലാത്തത് അയാൾക്ക് നിർവൃത്തി ശാന്തി അപ്പോ കർമ്മം ചെയ്യുന്നത് പലപ്പോഴും വാനിറ്റിക്ക് വേണ്ടിയാണ് അഭിമാനത്തിന് വേണ്ടിയാണ് അല്ലാതെ കർമ്മം ചെയ്യാനുള്ള നിർബന്ധം കൊണ്ടല്ല ബുദ്ധിയുള്ളവൻ പക്ഷി മൃഗങ്ങളെ ഒക്കെ നോക്കൂ പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള പക്ഷികളൊക്കെ നോക്കൂ അവർക്ക് വിശക്കുമ്പോ ഇരപിടിക്കാൻ പോകും വിശക്കുമ്പോ പുല്ല് തിന്നുകയോ ഒക്കെ ചെയ്യും പ്രവൃത്തിയെടുക്കാൻ പോകും വിശപ്പ് കഴിഞ്ഞാൽ ആ ആഹാരത്തിനുള്ള ആവശ്യം കഴിഞ്ഞാൽ എത്ര സ്വസ്ഥമാണ് അവരുടെ ജീവിതം ഈ മനുഷ്യൻ ഇത്രയധികം ബുദ്ധിയുള്ളവൻ എന്തിനായി ബുദ്ധിമുട്ടാണ് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടണത്ത് എന്തിനാ ഇത്ര വേഷം എന്തൊക്കെയാ ചെയ്യണം മനുഷ്യര് നമ്മളുടെ ബുദ്ധിശാലികളും ബുദ്ധിശാലികൾ അഭിമാനിക്കണം മൃഗങ്ങൾ നമ്മളെ കണ്ട് മൂക്കത്ത് വരൽ വെക്കുകയാണ് ബോംബെയിലും ഒക്കെ പോയി നിങ്ങള് കാണണം ഇവിടെയൊക്കെ നമ്മൾ സുഖമായിട്ട് ഇരിക്കണു ഇവിടെ ഏകദേശം അതുപോലെ ആയിക്കഴിഞ്ഞു നാട്ടിലും രാവിലെ തുടങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഓട്ടമാണ് ഇവിടെ അമേരിക്കയിലേക്ക് പോകുന്നു നാട്ടില് വന്നാൽ ഇങ്ങനെ നടക്കാം അവിടെ പോയാൽ അവർക്ക് ഒന്നിനും സമയമില്ല തിന്നാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല യാതൊന്നിനും സമയമില്ലാതെ ഓട്ടം എന്തിനാ എന്ത് ചെയ്യാൻ പോകണു കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും അവസാനം പിന്നെയും കുറച്ച് സന്തോഷത്തിന് വേണ്ടിയാണ് ദുഃഖല്ലേ അപ്പോ ഭഗവാൻ ഇവിടെ കർമ്മത്തിനെ രണ്ടായിട്ട് തിരിക്കാം വ്യവഹാരത്തിനു വേണ്ടിയുള്ള കർമ്മം മാത്രം ചെയ്യ വ്യവഹാരത്തിനുള്ള കർമ്മത്തിലും കാമനയും കർത്തൃത്വവും എടുത്തുമാറ്റാം ഞാൻ ചെയ്യണു എന്നുള്ളത് എടുത്തു മാറ്റി കർമ്മത്തിനിന്ന് എനിക്ക് ധാരാളം കിട്ടണം എന്നുള്ളതും എടുത്തു ആ കർമ്മം തനിയെ നിന്നു പോകും കഴിയുമ്പോൾ നമ്മൾ കർമ്മത്തിന്